ഞാൻ എന്നുള്ള ഈ അനുഭവം യഥാർത്ഥമാണ് അതിന് വിഷയമാക്കുന്ന ആത്മാവിനെയാണ് എന്ന് പറയുകയാണ് ഒരു കൂറുപക്ഷം ഞാൻ വീട്ടിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ആത്മാവ് വീട്ടിലിരിക്കുന്നു എന്ന് പറയും ശരീരം അങ്ങനെയാണോ ആത്മാവും പരിഛിന്നമാണ് വീട്ടിന്റെ പുള്ളി അങ്ങനെ വരുമ്പോഴാണ് ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആത്മാവിന്റെ സൈസ് എന്താണ് അത് അണു ആണ് അതോ ശരീരത്തിന്റെ സൈസാണ് അണു എന്ന് പറഞ്ഞാൽ ദോഷം വരുന്നു ഞാൻ സ്ഥൂലമെന്ന് പറയാൻ പറ്റില്ല കാരണം അണുസ്ഥൂലമല്ല ഞാൻ ദീർഘമെന്ന് പറയാൻ പറ്റില്ല ശരീരത്തിന്റെ സൈസാണെങ്കിൽ ചോദിക്കുന്നു ഈ ആത്മാവെന്ന് പറയുന്നത് ഈ ശരീരാവയവങ്ങളും കൂടിയതാണ് ഓരോ അവയവങ്ങളിലും പ്രത്യേകം പ്രത്യേകം ആത്മാവിക്കുന്നു അതോ ഈ എല്ലാ അവയവങ്ങളും കൂടി ചേർന്ന് ശരീരത്തിലും ഒറ്റ ആത്മാവുന്നു ഓരോ ശരീരത്തിനും പ്രത്യേകം പ്രത്യേകം ആത്മാവ് ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാക്കൾ സ്വതന്ത്രമാണ് ഇഷ്ടം പോലെ പ്രവർത്തിക്കും ഇപ്പം ശരീരം നിശ്ചിതവും പല പ്രശ്നങ്ങളും അല്ല ഇനി എല്ലാ ശരീര അവയവങ്ങളുടെ ഓരോ ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും കൂടെ പിടിച്ചിരിക്കുകയാണ് ഒരാത്മാവ് ഒരവയവം പോയാൽ ആത്മാവും പോവും എല്ലാത്തിനും കൂടെ ഇരിക്കാൻ പറ്റും ഒരവയും പോയിക്കഴിഞ്ഞാൽ പറഞ്ഞത് ബാമതിയില് ഭാഷ്യത്തിൽ തന്നെ എന്താണ് പൂർവപക്ഷവും സിദ്ധാന്തമായ രീതിയിലാണ് ഭാഷ്യം പോകുന്നത് എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ പൂർവപക്ഷവും സിദ്ധാന്തവും ചർച്ച ചെയ്യണം അതിങ്ങനെ ഒരു ക്രമമായിട്ടാണ് വരുന്നത് ഇതിപ്പോ പറയുമ്പോ ഞാനിപ്പോ ഇത്രയും പറയുന്നത് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു പക്ഷെ ആദ്യം പോലെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്രമമായിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റൂ പറ്റൂ എന്തുകൊണ്ട് പറ്റാത്ത നമ്മുടെ കൊഴപ്പല്ല ഈ പുസ്തകം എഴുതിയിരിക്കുന്ന ആളെന്ന് വെച്ചാൽ വളരെ എന്താണ് നമ്മത വ്യാസ വിശാല ബുദ്ധി എന്നു പറയുന്നത് വലിയ വിശാല ബുദ്ധിയുള്ള ആള് വളരെ സൂക്ഷ്മ ബുദ്ധിയുള്ള ആള് ഒരുപാട് വിഷയങ്ങളിൽ അറിവുള്ള ആള് അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു ബുദ്ധിമാനാണെന്ന് എഴുതിയിരിക്കുന്നത് പുള്ളി ഇതെല്ലാം ഇങ്ങനെ ക്രമമായിട്ട് അടുക്കി പറഞ്ഞു പോവുകയാണ് നമ്മുടെ മനസ്സിന് അത്രയും ഉൾക്കൊള്ളുന്നതിനുള്ള ആംപിയറല്ല ുദ്ധിക്ക് എന്നാണ് പ്രശ്നം അപ്പൊ ഇത് നമുക്കിതിനൊന്ന് മനസ്സിലാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഓരോ പോയിന്റുകൾ ഇത് മലയാളത്തിൽ എഴുതി വെച്ചിട്ട് കാര്യമൊന്നുമില്ല ആദ്യം മുതലെ വരുമ്പോ ഓരോ പോയിന്റ് എന്ന് വെച്ചാൽ ആ പൂർവ്വപക്ഷം എന്താണ് അനുത്തരവെന്താണ് പൂർവപക്ഷം എന്താണ് ഉത്തരവെന്താണ് ഇങ്ങനെ പോയിന്റുകൾ മാത്രം ഒരു നോട്ടായിട്ട് എഴുതി വെക്കും എന്നിട്ട് ആ നോട്ട് വായിച്ചാൽ മനസ്സിലാകാത്ത കീ അപ്പോൾ ആദ്യം എവിടെയാണ് തുടങ്ങിയത് എന്തായിരുന്നു പൂർവക്ഷം പിന്നെ എന്ത് സമാധാനം പൂർവർഷം ചുരുക്കി അങ്ങനെ എങ്ങനെ ഒരു നോട്ട് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും അടുത്ത് വായിച്ചു നോക്കുമ്പം അതിന്നു മനസ്സിലാവും മനസ്സിലായാലും പ്രസ്തവം എടുത്തു പോകും പുസ്തകത്തിന്റെ നമ്പരൊക്കെ ഇട്ട് എഴുതി വെക്കുകയാണ് അങ്ങനെ ഇത് മൊത്തം മനസ്സിൽ നിർത്താൻ പറ്റും ഇത് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ പറയുന്നത് കേട്ട് ഇറങ്ങി പോകുമ്പോൾ അത് ചെയ്യും അപ്പൊ അതിന്റെ സംക്ഷിപ്തമായ ചുരുക്കിയ ഒരു നോട്ട് തയ്യാറാക്കിയാലേ എപ്പോഴെങ്കിലും വായിച്ചിട്ട് ഇതിൻ്റെതാണ് ഇതിന്റെ വിഷയം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അല്ലാതെ വെറുതെ ഇത് കേട്ട് അങ്ങനെ പോകുന്ന ഒരു സാധനമല്ല അതിന്റെ അകത്ത് ഇൻഫർമേഷൻസ് ഉണ്ട് ഒരുപാട് വിവരങ്ങൾ ബഹുവിനവയാനം അവനാഭാവനിയമോ ദുഷ്ടോ അവയവ വിശീർണഭാവേ ന ചെയ്തേ പറഞ്ഞതിന് തുടർച്ചയായി പറയണം ഒരുപാട് അവയവങ്ങൾക്ക് ഉള്ള ഒരു വസ്തു അപ്പൊ ആ വസ്തുവിൽ അവയവങ്ങളെല്ലാം എന്നും ഒരുപോലെ ഇരിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യ കാരണം ഒരുപാട് നൂലുകളുടെ ഒരു വസ്ത്രം ഉണ്ടാക്കും ആ വസ്ത്രം കൊള്ളിടത്തോളം കാലം അതിലെ എല്ലാ നൂലുകളും ഒരു വേടും കൂടാതെ ഇരിക്കണമെന്ന് പറയാൻ പറ്റില്ല ഒന്നലക്കുമ്പോൾ കുറെയൊക്കെ പൊഴിഞ്ഞു പോകും പ്പോ ഇതെന്താണ് ശരീരം ഒരുപാട് അവയവങ്ങളുള്ള ഒന്നാണ് ഇതിലെല്ലാത്തിലും കൂടെ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കേണ്ട ഒരു ആത്മാവ് അതൊന്ന് ഒരു നൂലളകിപ്പോയാടിട്ട് ആത്മാവ് അതുകൊണ്ട് മദ്യമ വരുമാണം സ്വീകരിക്കാൻ പറ്റില്ല അങ്ങനെന്നുവെച്ചാ ബഹുനാം അവയവാനാണ് വളരെയധികം അവയവങ്ങൾക്ക് ഇതാണ് ശരീരത്തിൻ്റെ അവയവങ്ങൾ നോക്കി അവിനാഭാവ നിയമം അവിനാഭാവം എന്ന് പറഞ്ഞാൽ എക്കാലവും ഒരുമിച്ചിരിക്കുക എന്നുള്ള നിയമം അത് നിർദുഷ്ടമ്മടെ ശരീരത്തിൽ തന്നെ ഒരുപാട് മാറ്റം സംഭവിച്ചു ശിശുവിന്റെ പ്രായത്തിൽ ഉണ്ടായിരുന്ന കോശങ്ങളൊക്കെ പോയിപ്പോ പുതിയ കോശങ്ങളാണ് അപ്പൊ അവയവങ്ങളൊക്കെ നശിച്ചു കൊണ്ടായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിനാഭാവ നിയമം എല്ലാ കാലവും ഒരുമിച്ചിരിക്കുക എന്നുള്ള നിയമമാണ് അവിനാഭാവം അത് ഒരു അവയവയിലും കാണുള്ള അവയവങ്ങളുള്ള ഒന്നിനും കാണത്തില്ല എന്നർത്ഥം അവയവോ വിശീർണ ഏതവയവമാണോ നഷ്ടമാകുന്നത് ഒരവയവയിൽ നിന്നും ഒരു ശരീരത്തിൽ അങ്ങനെ നഷ്ടമാകുമ്പോ തത് അഭാവേ ആ അവയവം ഇല്ലാതെ വന്നുകഴിഞ്ഞാൽ ന ചേതയേ ഇല്ലവിടെ ചൈതന്യം ഉണ്ടാകത്തില്ല ആത്മാവ് കാണത്തില്ല അതിന് മുഴുവൻ ശരീരം നശിക്കണമെന്നില്ല അങ്ങനെ ഒരു ദോഷമുണ്ട് മധ്യമ പരിമാണത്തില്ല ഇത് കഴിഞ്ഞ് രണ്ടാം അധ്യായത്തിലെ രണ്ടാം പാദത്തില് വിശദമായി ഭാഷയെത്തി ചർച്ച ചെയ്യും ചുരുക്കി പറയുന്നേ ഉള്ളൂ അപ്പോ അണുപരിമാണമാണ് ആത്മാവ് മധ്യമപരിമാണമാണ് അത് നിഷേധിക്കുന്നു ഇത് വിജ്ഞാനവാദികളെ നിഷേധിക്കുന്നത് വിജ്ഞാനാലംബനത്വേ അഭി അഹം പ്രത്യേകിച്ച് ഭ്രാന്തത്വസ്ഥയുന്ന ഈ അനുഭവത്തിന്റെ ആശ്രയമായിരിക്കുന്നു വിജ്ഞാനം എന്ന് പറയുന്നവരാണ് വിജ്ഞാനവാദികൾ അതിനവർ ആലയ വിജ്ഞാനം എന്ന് പറയുന്നത് ആലയ വിജ്ഞാനം വിജ്ഞാന പരമ്പരയാണ് ക്ഷണികവിജ്ഞാനങ്ങളുടെ ഒരു പരമ്പര അതുപോലെ ഒരു ദീപകലിക പോലെ ദീപനാളം പോലെ എന്താണത് ഓരോ നിമിഷവും എരിഞ്ഞടങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒന്നുപോലെ നിൽക്കും ഇതൊരു ഒഴുകുന്ന നദി പോലെ ഓരോ നിമിഷവും ഓരോ തുള്ളികളായി അത് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഉള്ളിലെന്താ സംഭവിക്കുന്നത് ഒരു വിജ്ഞാനധാരയാണ് ക്ഷണികമാണ് എന്നുവെച്ചാൽ ദ്വിതീയക്ഷണവൃത്തി ധംസപ്രതിയോഗിത്വം എന്ന് പറയും ഒരു വിജ്ഞാനം അവിടെ ഉണ്ടായാൽ അത് ഉണ്ടാകുന്നതിന് ഒന്നാമത്തെ ക്ഷണമൊന്നും നടത്താതെ രണ്ടാമത്തെ ക്ഷണത്തിയൊന്നും നിശ്ചിത് ക്ഷണത്തിൽ അവിടെ വേറെ എന്നുണ്ടാകും അതതിന്റെ അടുത്ത ക്ഷണത്തിൽ നിൽക്കും അവിടെ വേറെന്നുണ്ടാകും ഇങ്ങനെ ഒരൊഴുക്കാണ് വിജ്ഞാനം എന്നാണ് അവർ പറയുന്നത് ഈ വിജ്ഞാനം എന്ന് പറയുന്നത് നിരന്തരമായ അനേക ജന്മങ്ങളുടെ വാസനകൾ കൂടി ചേർന്നാണ് വാസനയോടുകൂടിയ വിജ്ഞാനത്തിന്റെ പ്രവാഹമാണ് ഈ ജീവിതമെന്ന് ജീവനെന്നും ജീവിതമെന്നൊക്കെ പറയുന്നതാണ് ആന്തരികമായും ഒരു പ്രവാഹമുണ്ട് ബാഹ്യമായും ഒരു പ്രവാഹമുണ്ട് ബാഹ്യമായ പ്രവാഹത്തെ പ്രവൃത്തി വിജ്ഞാനം എന്ന് പറയും ആന്തരികമായ പ്രവാഹത്തെ ആലയവിജ്ഞാനം പറയും ഈ ആന്തരികമായ പ്രവാഹത്തില് എന്താണ് ഇവിടെ അവർ പറയുന്ന തരത്തിലുള്ള സാധനങ്ങളൊക്കെ ചെയ്ത് ഈ ഇതിനുണ്ടാകുന്ന ഈ വാസനകളെല്ലാം നശിക്കുന്നു നശിച്ച് വിശുദ്ധമായ വിജ്ഞാനപ്രവാഹമാകുന്നതാണ് മുക്തി മുഴുവൻ ജനന മരണങ്ങളല്ല വിശുദ്ധ വിജ്ഞാനം അതുകൊണ്ട് വാസന ഉണ്ടെങ്കിലേ ജനനമരണമുള്ളൂ വാസനകളില്ലെങ്കിൽ ജനനമരണങ്ങളെ വിശുദ്ധ വിജ്ഞാനപ്രവാഹമില്ല അതാണ് മുക്തി എന്ന് പറയുന്നവരാണ് വിജ്ഞാനവാദികൾ ഇവരിൽ നിന്നാണ് ശങ്കരാചാര്യർ കുറെയൊക്കെ കോപ്പി അടിച്ചത് പൂർണമായിട്ടുമല്ല കുറേയൊക്കെ ഈ വാസന പുനർജന്മൊക്കെ അവർക്ക് നിർബന്ധമാണ് അതാണ് സംസാരം എന്നവര സംസാരം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ജനനം ഒന്നുകൊണ്ടത് തീരുന്ന ധർമ്മസിദ്ധാന്തമൊക്കെ അവർക്ക് നിർബന്ധമാണ് ബുദ്ധന തന്നെ എത്രയോ ജന്മങ്ങളുണ്ട് ജാതക കഥകൾ ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ലൈബ്രറിയിൽ ഇപ്പൊ ഇല്ലേ അടുത്തു വായിച്ചു മാറി ബുദ്ധന്റെ ജന്മങ്ങളൊക്കെ ഇവിടെ ഇപ്പൊ ഒരു വരി പറയുന്നേ ഉള്ളു കാരണം കഴിഞ്ഞത് രണ്ടാം അധ്യായത്തിൽ ഇതിനെ കണ്ടിരിക്കും അതുകൊണ്ട് വിജ്ഞാനാലംബനത്തെ അഹം പ്രത്യിസ്യ ഈ അഹം പ്രത്യം ഈ അഹം അനുഭവം എന്ന് പറയുന്ന എന്താണ് ഇവിടെ ഇപ്പൊ പറയാൻ സിദ്ധാന്തി പറയാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യങ്ങൾ ഈ അഹം അനുഭവം എന്ന് പറയുന്നത് എന്താണ് ഒരു ഭ്രാന്തിയും ഇതാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോ പറയുന്നു പൗതന്മാരെന്താ പറയുന്നത് ഉള്ളിലൊരു വിജ്ഞാന പ്രവാഹം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മുടെ അനുഭവം എന്താണ് ബാല്യത്തിലെ ഞാൻ തന്നെയാണ് വാർദ്ധക്യത്തിലേയും ഞാൻ അവിടെ ഞാൻ ഒഴുകുന്നതായിട്ടാണ് അനുഭവം സ്ഥായി നമ്മുടെ അനുഭവം സ്ഥിരതയാണ് നമ്മുടെ അനുഭവം ഇന്നലത്തെ ഞാൻ തന്നെ ഇന്നത്തെ ഞാൻ ഇതാണ് നമ്മുടെ അനുഭവം അപ്പൊ ബോദ്ധന്മാർ പറയുന്നത് എന്താണോ വിജ്ഞാനപ്രവാഹമാണ് നമ്മുടെ അനുഭവം എന്താണോ സ്ഥിര അപ്പോ അവരുടെ സിദ്ധാന്തമനുസരിച്ച് വിജ്ഞാനപ്രവാഹം നമ്മുടെ അനുഭവത്തിൽ സ്ഥിരത എന്താണോ അവര് പറയുന്ന വസ്തുസ്ഥിതി അങ്ങനെയല്ല നമ്മുടെ അനുഭവം അപ്പൊ ഈ അഹനുഭവം അവർ പറയുന്ന അനുസരിച്ച് ഏ അവർ പറയുന്നതനുസരിച്ച് എന്തായി അവർ പറയുന്നത് ജ്ഞാനം എന്ന് പറയുന്നത് പ്രവാഹമാണോ അവരെന്ന് പറയുന്നു അഹം അനുഭവം എന്ന് പറയുന്നത് സ്ഥായിയാണോ അപ്പൊ ഈ അനുഭവത്തിന് അവരെന്ത് പറയും സ്ഥായി അനുഭവത്തിന് എന്ത് പറയും അത് വസ്തുസ്ഥിതിക്ക് വിരുദ്ധമായത് ഭ്രാന്തി എന്ന് അവർക്കും പറയേണ്ടിവരും അത് സംബന്ധിച്ചാൽ അഹമനുഭവം ഭ്രാന്തിയാണ് കാരണം വിജ്ഞാന ധാരയിൽ സ്ഥിരം എന്നുള്ള അനുഭവമാണ് അനുഭവത്തെ നിഷേക്കാൻ പറ്റില്ല ഭൗദ്ധന്മാർക്കായാലും അനുഭവം എന്താണ് ബാല്യത്തിന് ഞാൻ തന്നെയാണ് വർദ്ധ്യത്തിന് അപ്പം ആ സ്ഥിരതയെ അഹത്തിന്റെ സ്ഥിരതയെ അംഗീകരിച്ചേ പറ്റും പക്ഷേ മറ്റവരുടെ സിദ്ധാന്തമാണ് എന്ത് പ്രഭാവമുണ്ട് അപ്പം അതാണ് സിദ്ധാന്തമെങ്കിൽ അഹ അനുഭവത്തിന്റെ ആശ്രയമായിരിക്കുന്ന ഇത് വിജ്ഞാനപ്രവാഹമാണെങ്കിൽ അഹമനുഭവം സ്ഥിരമാണെങ്കിൽ ഈ അഹം അനുഭവം തായി ഭ്രാന്തി പ്രവാഹത്തിൽ സ്ഥിരാനുഭവം അതാണ് ഭ്രാന്തി അത് ഭ്രാന്തി എന്ന് അംഗീകരിച്ചതാണ് ഇത്രക്കാർ വിജ്ഞാനാലംബനത്തേക്ക് അഹം പ്രത്യശ്യ അഹം പ്രത്യസ്യ വിജ്ഞാനാലംബനത്തേപ്പി അഹം എന്ന് പറയുന്ന ഈ അനുഭവം വിജ്ഞാനാലംബനം വിജ്ഞാനം ആലംബനം യെസ് അതിന്റെ ആശ്രയം വിജ്ഞാനമാണ് എന്ന് വന്നാണ് ഭ്രാന്തക്കും തഥവസ്തുവ അഹം അനുഭവം എന്ന് പറയുന്നത് ഭ്രാന്തമാണെന്നുള്ളതിന് മാറ്റമില്ല എന്നുവെച്ചാൽ മുമ്പ് ഇവിടെ പറഞ്ഞ അതുപോലെ തഥവസ്തു വെച്ചാൽ മുമ്പ് പറഞ്ഞതുപോലെ ഭ്രാന്തി എന്ന് പറയുന്നതിന് മാറ്റം അത് വിശദീകരിക്കുന്നു തസ്യ സ്ഥിരവസ്തു നിർഭാസത്വ തസ്യന്ന് വെച്ചാൽ എന്തിന്റെ അഹമനുവെ പ്രത്യേകിച്ച് സ്ഥിരവസ്തു നിർഭാസത്വം അഹമനുവും സ്ഥിരമായ ഒരു വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നു എങ്ങനെ ബാല്യത്തിന് ഞാൻ തന്നെ വാർത്തകത്തിൽ ഞാനെന്ന് പറയുമ്പോൾ അഹം എന്ന് പറയുന്ന ഈ അനുഭവം സ്ഥിരമായ ഒരു വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നു അസ്ഥിരത്വം ചതിക്കാനാണ് നിങ്ങൾ പറയുന്ന സിദ്ധാന്തം എന്താണ് വിജ്ഞാനം അസ്ഥിരം അപ്പൊ അസ്ഥിരമായ വിജ്ഞാനത്തിലെ സ്ഥിര ബുദ്ധിയെന്ത് വിളിക്കും ഭ്രാന്തി എന്ന് പറയും അംഗീകരിച്ചാണ് നിങ്ങളുടെ അഹമനവും ഭ്രാന്തിയും ഭ്രാന്തി എന്ന് പറഞ്ഞാൽ അവിടെ അധ്യാസം വേന സ്ഥൂലോഹം അന്തോഹം ഗെച്ചാമി അപ്പ അഭ്യാസതയ വ്യക്ത എന്താണ് ഈ പറയുന്ന എല്ലാ നമ്മുടെ അനുഭവങ്ങളും ഇതുവരെ പറഞ്ഞു മനസ്സിലാക്കാം എന്താണ് കേവലം ശരീരത്തിലുള്ള അഹംബുദ്ധി മാത്രമല്ല ഈ ശരീരത്തെ ആശ്രയിച്ച് നടക്കുന്ന അനുഭവങ്ങൾ സ്ഥൂലോഹം ഞാൻ സ്ഥൂലമാണ് അന്തോഹം ഞാൻ കാണാത്തവനാണോ ഗച്ചാമി ഇത്യാദിയോ അപ്പി ഈ എല്ലാ അനുഭവങ്ങളും എന്താണ് അധ്യാസം ഇതുവരെ പറഞ്ഞലച്ചുരുക്കാൻ പറഞ്ഞു അപ്പോ ഭാമതികാരം എന്ത് ചെയ്തു പൂർവപക്ഷങ്ങളെയെല്ലാം കണ്ണിച്ച് കണ്ണിച്ച് ശ്രദ്ധാർത്ഥത്തിലെത്തിയഹം അനുഭവം അധ്യാസമാണ് അതിനെ തുടർന്ന് വരുന്ന ശാരീരികമായ എല്ലാ പ്രവർത്തനങ്ങളും അനുഭവങ്ങളും എന്താണ് ൂതി കൂഷമാഗവതീശ്രുതിരപ്രൂഹം കർത്തൃത്വോക്തൃത്വസുഖദുഃഖശോകാതി ആത്മവുഭവ്രസഞ്ചത്മനോ നിഷേധു അർഹതി ശ്രുതി എന്ന അർഹതി എന്ന് പറഞ്ഞ ഭഗവതി ശ്രുതി നിഷേധം ശ്രുതി നിഷേധിക്കുന്നു ഈ ചർച്ചയും വിചാരവും അവസാനം അവിടെ ചെല്ലും ശ്രുതി ശ്രുതി പറയുന്നതായിട്ടാണ് ഇതുവരെ താൻ പൂർവപക്ഷ സിദ്ധാന്തരൂപത്തിൽ ഈ എത്തിച്ച ഈ അധ്യാസം എന്ന് പറയുന്ന ശ്രുതി പറയുന്നാണ് എങ്ങനെ ദൈവം ഈ പറഞ്ഞത് ഉക്ത ക്രമേണ ഇതുവരെ പറഞ്ഞു വന്ന ക്രമേ ആത്മാവും അനാത്മാവും തമ്മിൽ എഴുതി ചർക്കും അറിയാൻ പറ്റത്തില്ല അഭവം എന്ന് പറയുന്ന അനുഭവം എന്ന് പറയുന്ന ശരീരത്തിന് ഗുണമല്ല പറഞ്ഞു വന്ന ഈ ക്രമത്തിന് അഹംപ്രത്യേ പൂതികൂഷീകൃതേ ഇത് വന്ന ഈ അഹംപ്രത്യം എന്നു അഹം അനുഭവം അങ്ങനെ പൂതികൂഷീകൃത ഇത് ഒരു ഒരു ശൈലിയാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത് കൊളമാക്കി പറഞ്ഞു പറഞ്ഞ് അവിയൽ വരുവാക്കി ാണ് പോതി ഊഷണ്ഡീകൃത ഊഷ്മാണ്ടോന്ന് വെച്ചാൽ ഇതാണ് കുമ്പളങ്ങ അത് അഴുകി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ ഒരു കാണാനും പറ്റത്തില്ല അടുക്കാനും പറ്റത്തില്ല നാട്ടുകാരന് പറഞ്ഞു പറഞ്ഞിപ്പോ അഹം പ്രത്യം അഹം അനുഭവത്തെ എന്താക്കി ഒഴുത്ത ഉമ്പളങ്ങ പോലെ ആക്കി എന്ന് വെച്ചാൽ അഹം പ്രത്യേകം എന്ന് പറയുന്നത് വെറും ഭ്രാന്തിയാണെന്ന് അർത്ഥം ഭ്രാന്തിയാണെന്ന് പറയുന്നതിനാണ് പൊതി പുഷ്പീകൃതയെ ചിപ്രത്യം അത് അതൊരു അളിഞ്ഞ കുമ്പളങ്ങയല്ല പക്ഷെ അതിനെ അളിഞ്ഞ കുമ്പളങ്ങ പോലെ ആക്കി എന്ന് പരമാവധി എന്താക്കി പൂർവ്വപക്ഷി പറഞ്ഞതിനെല്ലാം തള്ളി തള്ളി തള്ളി അവസാനം കൊണ്ട് അതിനൊരു ഭ്രാന്തിയാക്കി എന്നുവെച്ചാൽ അത് ഒരു ഭ്രാന്തിയാണെന്ന് തെളിഞ്ഞു നടത്തും അല്ലാതെ അതെന്താണ് ആത്മാവിനെ വെളിപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ ശരീരത്തെ പറയുന്ന ഒന്നുമല്ല അതൊരു ഭ്രാന്തിയാണ് ഇത് തെളിഞ്ഞു കഴിഞ്ഞപ്പോ ഭഗവതീ ശ്രുതി ഇതിപ്പോൾ വ്യക്തമായി കഴിഞ്ഞപ്പം ഭഗവതീശ്രുതി നേരത്തെ ഭഗവാൻ ഭാഷകാരൻ എന്ന് പറഞ്ഞവരെയാണ് ഇത് അതേ സ്ഥാനമാണ് ശ്രുതിക്കു ശ്രുതി ശ്രീലിംഗമായ ഭഗവതി എന്ന് പറഞ്ഞു ആണാണെങ്കിൽ ഭഗവാനെന്ന് പറയും അപ്പം ഭഗവാന് കുറഞ്ഞ ഒരു സ്ഥാനം ഈശ്വരന് കുറഞ്ഞ ഒരു സ്ഥാനം ശ്രുതിക്കില്ല ആർക്ക് സനാതനികൾ സനാതനധർമ്മത്തെ സ്വീകരിക്കുന്നവർക്ക് അതീശ്വരൻ തന്നെ ആണ് ആ ഈശ്വരനായ വേദം അപ്രത്യൂഹം ഇത് ഒരു തടസ്സവും കൂടാതെ കർത്തൃത്വ ഭോക്തൃത്വ സുഖ ദുഃഖ സുഖാദി ആത്മത്വം അഹ് അനുഭവപ്രസഞ്ചിതം ആത്മനോ നിഷേധം ഇതെല്ലാം എന്താണ് ആത്മനഹ എന്താണ് അഹമനുഭവ പ്രസഞ്ചിതം ഈ അഹം അനുഭവത്തിലൂടെ ആരോപിക്കപ്പെടുന്ന എന്തിലാരോപിക്കുന്നു ആത്മാവിന് ആത്മാവിലാണ് എല്ലാ ആരോപണങ്ങളും ആത്മാവിൽ ആരോപിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിലാണ് ആരോപിക്കുന്നത് അധിഷ്ഠാനം ആത്മാവാണ് അല്ലെങ്കിൽ തന്നിൽ നിന്നെടുത്താലും കുഴപ്പം ആർക്കാണോ അഹമനുഭവമുള്ള അവന് അവനെന്ന് പറയുമ്പോൾ അവ ആത്മാവാണ് അഹമനുഭവപ്രസഞ്ജിതം അഹമനുഭവത്തിലൂടെ ആരോപിക്കപ്പെടുന്ന എന്ത് കർത്തൃത്വം അഹം കർത്താവാണ് ഭതൃത്വം അഹംഭോക്താവ് സുഖം അഹം സുഖി ദുഃഖം അഹം ദുഃഖി അഹം ശോകത്മത്വം ഇത്യാദിരൂപത്വം എല്ലാം അഹത്തിൽ വരുന്നു ഇത്യാദി ആത്മത്വം ഇത്യാദി സ്വരൂപത്വം ആർക്ക് അഹത്തിൽ അഹത്തിലാണിത് വരുന്നത് എങ്ങനെയാ ഞാൻ സുഖി ഞാൻ അപ്പൊ കർത്തൃത്വം ഭോക്തൃത്വം സുഖം ദുഃഖം ശോഭാദിസ്വരൂപത്വം ഇതൊക്കെ എവിടെ നിന്ന് വന്നു അഹമനുഭവം പ്രസഞ്ചിതം അഹമനുഭവത്തിലൂടെ ആരോപിച്ചാണെന്ന് ചെയ്താൽ മഹാ അനുഭവത്തോട് ചേരണ വരുന്നത് എങ്ങനെ ഞാൻ കർത്താവാണ് ഇതെല്ലാം എവിടെ വന്നു ആത്മനഹ ആത്മാവൻ വന്നു അതിനെയൊക്കെ ഭഗവതി ശ്രുതി എന്ത് ചെയ്യുന്നു ർഹതി എന്തുകൊണ്ട് ഈ അഹമെന്ന് പറയുന്നത് ഭ്രാന്തിയാണ് അതുകൊണ്ട് ശ്രുതിക്ക് ഇതിന് നിഷേധിക്കാൻ പറ്റും ശ്രുതി എന്ന് പറയുന്നു ഞാൻ ഭർത്താവല്ല ഭോക്താവല്ല സുഖിയല്ല ഇതൊക്കെ എന്താണ് ആരോപിതമാണ് അഹം അനുഭവത്തിലൂടെ വെളിപ്പെടുന്നതാണ് അതാണ് ഞാൻ എന്ന് പറയുന്ന ഒരു അനുഭവത്തിലൂടെ ഇത് വെളിപ്പെടുന്നതാണ് ഇതൊന്നും ആത്മാവിലില്ല എന്ന് ചുരു നിഷേധിക്കുന്നു എന്നൊക്കെ സിദ്ധാന്തമാണ് പറയുന്നത് അപ്പൊ അങ്ങനെ എന്താ പറയുന്നത് ഈ കർത്തൃത്വം ഭോക്തൃത്വം എന്നൊക്കെ പറയുന്നത് ശരിക്കും ആത്മാവിനുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെന്ന് പറയുന്നവരുണ്ട് സംഖ്യന്മാരും മറ്റുമൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അതൊക്കെ വാസ്തവത്തിലുള്ള ആത്മാവിനുണ്ടെങ്കിൽ അത് ആത്മാവിന്റെ സ്വഭാവമാണ് സ്വഭാവമാണെങ്കിൽ നിഷേധിക്കാൻ പറ്റുന്നു അഗ്നിയുടെ സ്വഭാവമാണ് ചൂട് അതിനെ നിഷേധിക്കാൻ പറ്റില്ല അപ്പോ അതിനെ നിഷേധിക്കണം അതവിടെ ഇല്ല എന്ന് ബോധിക്കണം നിഷേധിക്കാന്ന് പറഞ്ഞാൽ അത് അവിടെ ഇല്ലെന്ന് ആത്മാവലി കർത്തൃത്വം ഒന്നും ഇല്ലയെന്ന് ബോധിക്കണം അത് ബോധിക്കണമെങ്കിൽ എന്തുവേണം ഈ കർത്തൃത്വം ഭോക്തൃത്വമൊക്കെ ആരോപിതമാണ് കല്പിതമാണെന്ന് പറയണം അത് കല്പിതമാണെങ്കി എന്തുവേണം സ്ഥിരമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അനുഭവം അഹമനുഭവം ഭ്രാന്തിയാണെന്ന് പറഞ്ഞു അഹമനുഭവം ഭ്രാന്തിയാണെന്ന് പറഞ്ഞാൽ എന്തുവരും ഈ അഹമനുഭവത്തോട് ചേർന്നാണ് ഇതെല്ലാം വരുന്നത് അപ്പം ഇതെല്ലാം എന്താവും ഭ്രാന്തിയ ഭ്രാന്തി എന്ന് പറയുന്ന ആശയത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുവരെ ഇതിനെ യുക്തി കൊണ്ട് സമർത്ഥിച്ചത് അങ്ങനെയുള്ള യുക്തികളാണ് പക്ഷെ ഇത്തിയോണ്ട് സമർദ്ദിച്ചിട്ട് എന്താ പറയുന്നത് ഇതൊക്കെ ആര് പറയുന്നതാ ഭഗവതി ശ്രുതി ശ്രുതിയാണ് പറയുന്നു ആത്മാവ് ആത്മാവിൽ കല്പിതമാണ് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് ശ്രുതി എന്ത് ചെയ്യുന്നു ഇതിനേത് അസ്തൂലം അനണ് അഹ്രസ്വ് അദീർഘം എന്തെല്ലാം പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു അകർത്ത അഭോക്ത എന്നെല്ലാം പറഞ്ഞാൽ നിഷേധിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് ശ്രുതിയിൽ കൊണ്ടെത്തിച്ചു നിഷേധം അർഹത നിഷേധിക്കുന്നു ആരും നിഷേധിക്കുന്നു എന്തിനാ നിഷേധിക്കുന്നു എല്ലാം കടത്തടത്വഭോക്തത്വ അതെങ്ങനെ ആരോപിച്ചു അഹം അനുഭവത്തിലൂടെ ആത്മാവിൽ ആരോപിച്ചതിനെല്ലാം നിഷേധിക്കുന്നു ിവരുന്ന സിദ്ധാന്തഭാവം അതാണ് അന്യോന്യസ്മിതെന്ന് പറയുന്നത് തദൈവം ഈ പറഞ്ഞ രീതിയിൽ സർവപ്രഭാദി എല്ലാ വാദികളും അതിന് ഭാഷകാരം പറയും എല്ലാ വാദികളും എന്താണ് ഈ ഭർമ്മത്തെ അംഗീകരിക്കുന്നു പറയും ഇനി അത് പറയും അതാണ് സർവപ്രഭാദി എല്ലാ വാദികളും അംഗീകരിക്കുന്നു മാത്രമല്ല ശ്രുതി സ്മൃതി ഇതിഹാസ പുരാണം ഇവിടെയെല്ലാം പ്രഥിതം എന്ന് വെച്ചാ പ്രസിദ്ധമായ അപ്പൊ എല്ലാ വാദികളുടെ ഇടയിലും പ്രസിദ്ധമാണ് എന്നുവെച്ചാ എല്ലാ വാദികളും അംഗീകരിക്കുന്ന ചോദിച്ചാൽ അവർക്ക് അംഗീകരിച്ചേ മതിയാകൂ എന്ന് പറയും ഇന്നൊരാള് ഞാൻ അംഗീകരിക്കുന്നില്ലെന്ന് പറഞ്ഞാലും അവരെ കൊണ്ട് അംഗീകരിപ്പിക്കും എന്നാണ് പറയുന്നത് നിങ്ങള് പറയണീ അനുഭവം ഭ്രാന്തി അല്ല അഹം ഞാനെന്താണ് അനുഭവം ഭ്രാന്തി അല്ലെന്ന് പറഞ്ഞാലും നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യും അംഗീകരിപ്പിക്കും നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും അതുകൊണ്ടാണ് പറഞ്ഞ എല്ലാ വാദികളും പ്രസിദ്ധരായ എല്ലാ വാദികളും അതാണ് പ്രവാദികൾ എന്നു വെച്ചാൽ ബൗദ്ധന്മാർ മീമാംസകര് താർക്കികന്മാർ എല്ലാവരും എല്ലാവരും കൊണ്ട് അവരുടെ ഇടയിൽ അത് പ്രസിദ്ധമാണ് അതുപോലെ ശ്രുതി സ്മൃതി ഇതിഹാസ പുരാണങ്ങൾ വരെ എല്ലാത്തിലും പ്രതിഥമെന്ന് വെച്ചറിഞ്ഞാൽ എന്താണ് എല്ലാവരുടെലും പ്രസിദ്ധമായിരിക്കുന്ന എന്താണ് ഈ അഹമനുഭവം മിഥ്യാഭാവസ്യ എന്ന് വെച്ചാൽ മിഥ്യാരൂപത്തിലുള്ള അഹം പ്രത്യേക ഇനി അതിനെ ഭാഗവാനടുത്ത് വരാൻ പോകുന്നത് എന്തൊക്കെ സ്വരൂപ നിമിത്തനം ആണ് ഇനി പറയാൻ പോകുന്നത് അതിന്റെ സ്വരൂപം അതിന്റെ സ്വരൂപം എന്ന് പറയുന്നത് താതാത്മ്യം അഹം പ്രത്യയത്തിന്റെ സ്വരൂപം എന്താണ് ആത്മ അനാത്മ താതാത്മ്യം അതിനി അടുത്ത് പറയും അന്യന്യസ്മിൻ അന്യോന്യത്മകഥ അന്യോന്യ ധർമാംസ്ഥിത്തം എന്ന് പറയുന്നതര അവിവേകം അതോ അടുത്ത് പറയും ആത്മാവിനെയും അനാത്മാവിനെയും വേർതിരിച്ചറിയാൻ കഴിയാതിരിക്കുക ഇതിന്റെ പേരിലാണ് ഇതുവരാണെന്ന ചർച്ചകൾ മുഴുവൻ പൊറോഷി എന്താ പറയുന്നത് ആത്മാവിനെയും അനാത്മാവിനെയും ഞങ്ങൾ വേർതിരിച്ചറിയുന്നുണ്ട് ഇവിടെ പറയുന്നു ഇതിനെ വേർതിരിച്ചറിയുന്നില്ല ആ വേർതിരിച്ചറിയുന്ന ചിലരൊക്കെ ഉണ്ടായിരുന്നു പണ്ഡിതന്മാർ സാധാരണ മനുഷ്യരാരും ഇതിനെ വേർതിരിച്ച് അറിയുന്നില്ല അപ്പോ ഈ ഭ്രാന്തിക്ക് നിമിത്തം ഇതര ഇതര അവിവേകമാണ് എന്നുവെച്ചാൽ ഇതര ഇതരംന്ന് വെച്ചാൽ ആത്മ അനാത്മാവും ആത്മധർമ്മങ്ങളും അനാത്മധർമ്മങ്ങളും ഇവ തമ്മിലുള്ള അവിവേകം വിവേകമില്ലായ്മ തിരിച്ചറിവില്ലാതിരിക്കുക അതാണ് നിമിത്തം ഫലമെന്ന് പറയുന്നത് എന്താണ് വ്യവഹാരം അധ്യാസത്തിന്റെ ഫലം വ്യവഹാരം അധ്യാസത്തിന്റെ കാരണം വിവേകമില്ലായ്മ ഇതാണ് ഇനി പറയാൻ പോകുന്ന എന്റെ മുഖ്യമായ ആശയം അധ്യാസത്തിന്റെ കാരണം അധ്യാസത്തിന്റെ ഫലം വ്യവഹാരം എന്ന് വെച്ചാൽ പ്രധാനമായിട്ട് വരുന്നത് അറിയുക പറയുക പ്രവർത്തിക്കുക ചുരുക്കി പറ ഇതാണ് വ്യവഹാരം എന്നുവെച്ചാൽ എല്ലാ ജീവന്മാരും അഹം എന്ന് പറയുന്ന ഈ അനുഭവത്തെ മുൻനിരത്തിയാണ് എല്ലാം അറിയുന്നത് എല്ലാം പറയുന്നത് എല്ലാം പ്രവർത്തിക്കുക ഈ അഹം എന്ന് പറയുന്നത് എന്താണ് അത് ഒരു ഭ്രാന്തിയാണ് അപ്പൊ ഭ്രാന്തിയെ മുൻനിർത്തിയാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത് അറിയുന്നത് പറയുന്നത് പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ട് ഭ്രാന്തി ഒന്നും എന്ത് ചെയ്യുക ഇതാണ് എന്റെ അധ്യാസ ഭാഷയത്തിന്റെ സാരം ഇതാണ് അതുവരെ പറഞ്ഞെത്തിക്കാൻ ഇതുവരെ ഈ വ്യാഖ്യാനിച്ച മുഴുവൻ ഇനി പറയാൻ പോകുന്ന കാര്യമാണ് വിവേകമില്ലാത്തതുകൊണ്ട് ഭ്രാന്തി ഭ്രാന്തി വന്നതുകൊണ്ട് എന്തുവന്നു വ്യവഹാരം ഇതാണ് എന്റെ സാരം അപ്പോ ഇനി ശാന്തഭാഷ്യത്തിൽ തഥാപി സിദ്ധാന്തം ഒന്ന് കാണിക്കാനാണ് തഥാപി നേരത്തെ പറഞ്ഞു ഇവിടെ തഥാപി തോന്നുകൊണ്ട് തുടങ്ങുന്ന യപോചരയോണോ തോരിതോ അസ്മത് പ്രത്യേകോചരേജിതാത്മഹേ ബി യുഷ്മോചര വിഷയർ തധർമാസ തദ്ണ വിധർമാ ാണ് ബാക്കി പറഞ്ഞു ഈ പറയാൻ പോകുന്ന സിദ്ധാന്തമാണ് ഇവിടെ ഇപ്പൊ ഭാഷകാരൻ ദാമതികാരം പറഞ്ഞു കൊടുക്കും അതില് ആദ്യം വരുന്നത് എന്താണ് തഥാപി അന്യൂന്യസ്മിൻ അതിന്റെ അർത്ഥം പറയണം അത്ര ശരീരാതോരസ്പരമെന്ന് പറയുന്നത് എന്താണ് ആത്മാവും ശരീരം ആദ്യ ശരീരം അന്ധകരണം ഇവയിൽ താതാന്യം സംഭവിക്കുന്നു ജഡം അമരുന്ന് അതുപോലെ ചിത്തിനും ചിത്തുടലിനും എന്ന് പറയുന്നത് മനസ്സിലാവണ ഇതറിഞ്ഞിരിക്കും ഏത് അന്യോന്യസ്മിൻ ധർമ്മിണി രണ്ട് ധർമ്മികൾ ഏതെങ്കിലും രണ്ട് ധർമ്മികൾ ഒന്ന് ആത്മാവ് ശരീരം അന്ധക്കരണം പിന്നെ ധർമ്മി എന്ന് പറഞ്ഞെന്തോണ്ട് ഇതിലെല്ലാം ധർമ്മം ഉള്ളത് ആത്മാവിന്റെ ധർമ്മം എന്താണ് ചൈതന്യം സത്ത അനാത്മാവിന്റെ ധർമ്മം എന്താണ് ശരീരത്തിന്റെ സ്ഥൂലത്തും അന്ധകരണത്തിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് സുഖം ദുഃഖം അപ്പൊ ഈ രണ്ട് ധർമ്മികളും തമ്മിൽ അന്യോന്യസ്മിൻ എന്ത് സംഭവിക്കുന്നു എന്ത് സംഭവിക്കല്ലേ താതാമ്യം താതാമ്യം സംഭവിക്കുന്നു അങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് വെച്ച ഒന്നായി ചേർന്ന് ഏതുപോലെ എന്ന് ഒരു ഉദാഹരണം പറയാൻ പൂർണ്ണമായും ശരിയില്ലെങ്കിലും നമ്മുടെ വയറിന്റെ അകത്ത് കറണ്ട് കയറും പോലെ വയറിന്റെ അകത്ത് കറണ്ട് കയറി കഴിഞ്ഞാൽ കമ്പി എന്തായി മാറുന്നു കറണ്ടായി മാറും ഒരു ഉദാഹരണം പറയാ അല്ലെങ്കിൽ വേറെ ഉദാഹരണം പറയാ സാധാരണ പറയുന്ന ഉദാഹരണം എന്താണ് അയവുളകം നല്ല ഉദാഹരണമാണ് ഒരു ഇരുമ്പുണ്ട ചുട്ട് പഴുത്ത് ഇരുമ്പുണ്ട തന്നെ സ്വയം എന്തായി മാറുന്നു അഗ്നി ആയി മാറുന്നു മറ്റത് ഉദാഹരണമാണ് കാരണം അവിടെ എന്തുവരുന്നു കാന്തം വൈദ്യുതി കടന്നു കഴിഞ്ഞാൽ കാന്തം ഉണ്ടാകും അത് കാന്തികമാകും അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും അപ്പൊ നമ്മൾ അതിനെ എന്താണ് അത് കാന്തമാണെന്ന് പറയുന്നു ഉരുണ്ടകാന്തം നീണ്ടകാന്തം എന്നൊക്കെ പറയും അല്ലെങ്കിൽ അയോളകത്തു അതാണ് അന്യോന്യസ്മിന്റെ അർത്ഥമാണ് ധർമ്മിണി ആത്മ ശരീരാഗം അന്യോന്യാത്മകത അധ്യസ്യ അന്യോന്യാത്മകത അന്യോന്യാത്മത്വം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പരസ്പര താതാത്മ്യം അന്യോന്യാത്മകത്വം തമ്മില് പരസ്പര താതാത്മ്യം വരും തീയും ഇരുമ്പുണ്ടെങ്കിൽ പോലെ പരസ്പര താതാത്മ്യം വരുന്നു ശരിക്കും അതിന് വേറെ ഒരു ഉദാഹരണം പറയാൻ പറ്റില്ല അതുപോലെ കാരണം തീയ്യ് ഇരുമ്പിൽ പ്രവേശിക്കും അതുപോലെ ഇരുമ്പിന് തീ പ്രവേശിക്കാൻ പറ്റൂ പറ്റൂ പറ്റൂ ദൃഢമായൊരു വസ്തുവാണ് അഗ്നി നിറഞ്ഞ തരളമായ വസ്തുവാണ് അപ്പൊ അതിന്റെ അണുക്കൾക്ക് ചെയ്യാം ഇരുമ്പിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം അതുപോലെ ഇരുമ്പിനെ തിരിച്ച് തരളമായി ുള്ളിലേക്ക് കടന്നിയെല്ലാം പ്രയാസമാണ് പക്ഷെ ഒന്ന് സംഭവിക്കും ആ ഇരുമ്പുണ്ട വളരെ ദൃഢമായിരിക്കുകയാണെങ്കിലും അഗ്നി അങ്ങോട്ട് ചെല്ലുമ്പം അതിന്റെ അകത്തുള്ള ഊർജത്തിന് വ്യത്യാസമുണ്ട് ഇരുമ്പുണ്ടയുടെ അതിന്റെ അകത്തുള്ള ഓരോ മോളിക്കൂളുകളും വൈബ്രേറ്റ് ചെയ്യാൻ തരും തുള്ളിക്കളിക്കാൻ തരും അങ്ങനെ ഇരുമ്പിനൊരു വ്യത്യാസം വരും അതൊക്കെ ഫിസിക്സിൽ പറയുന്ന കാര്യങ്ങൾ അതിന്റെ വ്യത്യാസം ഊർജ്ജമാറ്റം വരും ഇരുമ്പിനൊരു വ്യത്യാസം ചൂടെന്നു പറയുന്നത് ഊർജം ആ എന്താണ് അതിന്റെ അകത്ത് വരുന്ന വൈബ്രേഷനാണ് അതിന്റെ അകത്ത് വരുന്ന വൈബ്രേഷനാണ് നമ്മൾ ചൂടെന്ന് പറയുന്നത് ആറ്റം സംഭവിക്കുന്ന വൈബ്രേഷൻ ഊർജത്തിന്റെ വൈബ്രേഷൻ അതാണ് ചൂട് അപ്പൊ അത് എന്തു ചെയ്യുന്നു ആ ഇരുമ്പുണ്ടയെയും സ്വാധീനിക്കുന്നു കാരണം അതിൽ വൈബ്ര നമുക്ക് കാണാൻ പറ്റില്ല തന്നെയാണ് അത് റ്റംജം കൊണ്ട് വൈബ്രേറ്റ് ചെയ്താൽ ഉടനെ അത് അടുത്ത ആറ്റത്തെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും നമ്മുടെ വിരൽ കൊണ്ടുവന്നതിന്റെ പുറത്തു വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മുടെ വിരൽ തുമ്പുകളിലുള്ള ആറ്റത്തെ അത് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ തൊലി ഇളകി പോകുന്നത് പൊള്ളി എന്ന് പറയുന്നത് അത് ഇവിടെ ആറ്റം വൈബ്രേറ്റ് ചെയ്യുന്നതാണ് എന്തുകൊണ്ട് മറ്റേ ഊർജം അതിൽ നിന്ന് ഊർജ്ജത്തെ ഇങ്ങോട്ട് പകരും അത് ആറ്റത്തിൻ്റെ ഒരു സ്വഭാവമാണ് ഊർജ്ജം അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ എന്തെയും ചെന്നു കഴിഞ്ഞാൽ എന്തെയും അത് തുള്ളി കളിക്കാൻ തുടങ്ങും അപ്പം നമ്മുടെ ഈ വിരൽത്തുമ്പിലുള്ള ആറ്റങ്ങൾ ഇടന്ന് തുള്ളി കളിക്കുന്നതാണെന്തു ഏവിടെ എന്താണ് നമ്മുടെ വേദനയെ അറിയിക്കുന്ന സെൻസറുകളുണ്ടവിടെ അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്ത് ബ്രെയിനിന് സന്ദേശം കൊടുക്കും ഇതാ ഇവിടെ ആറ്റങ്ങൾ തുള്ളിക്കളിക്കുകയാണ് കാരണം നമ്മൾ പറയുന്ന വേദന പറയുന്നതാണ് ആ തുള്ളിക്കളിക്കുന്നത് നമുക്ക് നേരെ ഇട്ട് കാണുന്നതാണെന്ന് അവിടുത്തെ തൊലി പറഞ്ഞു പോകുന്നു ആറ്റങ്ങൾ കിടന്ന് ചാടുന്നതാണ് അതൊന്നും ഇന്നലെ നമുക്ക് സാഹിത്യ ഭാഷയിൽ പറയാമെന്നാണ് നമ്മൾ പറയുന്നവരെയൊന്നും അല്ല അവിടെ സംഭവിക്കുന്നു പറഞ്ഞ് മനസ്സിലാക്കുമ്പോ ഇങ്ങനെയൊക്കെ പറയാവുന്ന അത് വളരെ സൂക്ഷ്മമായ എനർജിയുടെ തരത്തിൽ നടക്കുന്ന വൈബ്രേഷനുകളാണ്